പറയുക എന്റെ രക്ഷിതാവ് നീതി കൽപ്പിച്ചിരിക്കുന്നു ഓരോ പള്ളിയിലും നിങ്ങൾ നിങ്ങളുടെ മുഖങ്ങൾ തിരിക്കുകയും അവനു മാത്രം ആരാധന സമർപ്പിച്ചുകൊണ്ട് അവനെ പ്രാർത്ഥിക്കുകയും ചെയ്യുക നിങ്ങളെ അവനെങ്ങനെയാണോ തുടങ്ങിയത് അതുപോലെ തന്നെ നിങ്ങൾ മടങ്ങിവരും